ഇടം മുഴുവൻ വിശദീകരിച്ചാ എന്നിട്ട് വിശദീകരിച്ചില്ലെന്ന് പറഞ്ഞു ശരി ഒരു വരിയാണെന്നിന ദിവസത്തെ പണി വേദപൂരുഷയമാണ് ഈശ്വരൻ പറഞ്ഞതാണ് അജ്ഞാതമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതാണ് അതിൽ യാതൊരു ദോഷമുണ്ട് ഈശ്വരന് എന്ത് ചെയ്യുന്നു അത് സ്വ സ്വയം പ്രമാണമാണ് അതിന് വേറെ പ്രമാണത്തിന്റെ സഹായം ആവശ്യമില്ല അതുകൊണ്ട് ആ പ്രമാണത്തിൽ നിന്നുണ്ടാകുന്ന പ്രമിതി യഥാർത്ഥമായ ജ്ഞാനം അതിന് വേറൊരു പ്രമാണം സഹായിക്കേണ്ട കാര്യമില്ല വേറെ പ്രമാണം കൊണ്ട് തന്നെ സാധൂകരിക്കേണ്ട ആവശ്യമില്ല സ്വതപ്രമാണം അപ്പോഴാണ് പറയുന്നത് അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ വേദം എന്ന് പറയുന്നത് ശബ്ദമാണ് ശബ്ദം നമ്മൾ കേൾക്കണമെങ്കിൽ ശ്രവണീന്ദ്രിയം വേണം അപ്പോ ആദ്യം വേദം ഒരാളെ ചൊല്ലുന്നു മറ്റൊരാൾ കേൾക്കുന്നു കേട്ടിട്ട് അയാൾക്ക് അതിന്റെ അർത്ഥബോധം ഉണ്ടാകും അപ്പോൾ വേദത്തിൽ നിന്നും ശരിയായ അർത്ഥബോധം ഉണ്ടാവണമെങ്കിൽ അവിടെ ശ്രവണീന്ദ്രിയെ ആശ്രയിക്കേണ്ടി വരുന്നു വേദത്തെ കേൾക്കുന്നതിന് വേണ്ടി അതിനെ സ്വതപ്രമാണമെന്നങ്ങനെ പറയാൻ പറ്റും മറ്റൊന്നതിനെ ആശ്രയിക്കുന്നു അതാണ് പറഞ്ഞത് അതുമാത്രമല്ല ഇപ്പോ വാക്യത്തിൽ നിന്ന് ഒരു വാക്യം കേൾക്കുമ്പോൾ നമുക്ക് ശരിയായ അർത്ഥബോധം ഉണ്ടാകണമെങ്കിൽ ശാബ്ദബോധം ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രത്യക്ഷത്തിന്റെ സഹായം വേണ്ടിവരും ഗാം ആനയാങ്ങളെ പശുവിനെ കൊണ്ടുവരും ഈ വാക്യം കേൾക്കുന്ന ആളിന് ഗോ ശബ്ദത്തിന്റെ അർത്ഥം മനസ്സിലാവും ഗോ എന്ന് പറയുന്ന നിശ്ശബ്ദത്തിന്റെ അർത്ഥം നാലുകാലും പാലുമൊക്കെയുള്ള ഇന്ന ജീവിയാണ് എന്നുള്ള ബോധം അയാൾക്ക് എങ്ങനെയുണ്ടാവും ഉണ്ടാവും ആദ്യം ഉണ്ടാകുന്ന പ്രത്യക്ഷത്തിലൂടെയാണ് ഗോവിനെ അയാൾ പ്രത്യക്ഷമായി കാണുന്നുവെന്നാൽ അയാൾക്ക് ഗോ എന്ന് പറഞ്ഞാൽ ഇന്ന ജീവിയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ പദപദാർത്ഥ ജ്ഞാനത്തിന് പ്രത്യക്ഷ ജ്ഞാനത്തെ ആശ്രയിക്കുന്നുണ്ട് പദപദാർത്ഥ സംഗതി എന്ന് പറയും പദപദാർത്ഥ ജ്ഞാനത്തിന് എന്തു ചെയ്യണം പ്രത്യക്ഷത്തെ ആശ്രയിക്കണം അത് ഗോവിനെ പ്രത്യക്ഷമായി കണ്ടിട്ടാണ് ഗോവെന്ന് പറഞ്ഞാൽ ഇന്ന വസ്തുവാണെന്നുള്ള ബോധം ഉണ്ടാകും ഇനി അങ്ങനെയുള്ള അനേക പദങ്ങൾ കൂടി ചേർന്നാണ് വാക്യം അപ്പോൾ വാക്യാർത്ഥം ഞാൻ ഉണ്ടാവണമെങ്കിൽ അതിനുള്ള പദങ്ങളുടെ അർത്ഥം ഞാനുണ്ടാവണം പദാർത്ഥ ജ്ഞാനപൂർവ്വകത്വ വാക്യാർത്ഥം ഞാനും പദാർത്ഥം ഞാനും ഉണ്ടാകുമ്പോൾ വാക്യാർത്ഥം ഞാൻ ഉണ്ടാവുന്നു ഇപ്പോൾ ഒരു പദാർത്ഥം ഞാൻ ഉണ്ടാവണമെങ്കിൽ അവിടെ പ്രത്യക്ഷം വേണം വേദവാക്യങ്ങളിൽ നിന്ന് എന്താണ് ഒരാൾക്ക് ശരിയായ പ്രമ ശരിയായ അറിവുണ്ടാവണമെങ്കിൽ അയാൾക്ക് ആ വേദ ശബ്ദം ശ്രവിക്കുന്നതിന് ശ്രവണേന്ദ്രിയത്തിന്റെ ആവശ്യം വരും പിന്നെ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുന്നതിനും എന്തുവരും പ്രത്യക്ഷത്തിന്റെ ആശ്രയം പലയിടത്തും സ്വീകരിക്കേണ്ടി വരും അപ്പോൾ പ്രത്യക്ഷത്തെ ആശ്രയിച്ചിട്ടാണ് ആ വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാവുന്നത് അപ്പൊ അത് സ്വതപ്രാമാണ്യം അങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ലെന്നാണ് അതാണ് ഇവിടെ പറഞ്ഞത് പ്രമിതോ അനപേക്ഷത്വി വാക്യത്തിൽ നിന്നുണ്ടാകുന്ന പ്രമേൽ അനപേക്ഷത്വേവി ശ്രുതി മറ്റു പ്രമാണങ്ങളെ ആശ്രയിക്കുന്നില്ല എങ്കിലും ഉത്പത്തവും അങ്ങനെ ഒരു പ്രമിതി ഉത്പന്നമാകുന്നതിന് ഒരു പ്രാമാണ്യം ഉണ്ടാകുന്നതിന് ഒരു പ്രമേയം ഉണ്ടാകുന്നതിന് പ്രത്യക്ഷ അപേക്ഷ പല രീതിയിലും പ്രത്യക്ഷത്തെ അപേക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്നത് തദ്വിരോധൃ പറയുന്ന ആ അറിവെന്ന് പറയുന്നത് പ്രത്യക്ഷത്തിന് വിരോധം ഉള്ളതാണ് ശ്രുതി പ്രത്യക്ഷത്തെ അംഗീകരിക്കുന്നേയില്ല അതൊക്കെ അസത്യ മിഥ്യന്ന പറയും അതുകൊണ്ട് അനുപത്തി ലക്ഷണം അനുപത്തി രൂപത്തിലുള്ള അപ്രാമാണു അനുപത്തി രൂപത്തിലുള്ള അപ്രാമാണെന്ന് പറഞ്ഞാൽ എന്താണ് ശ്രുതിയിൽ നിന്നും പ്രാമാണത്തിന്റെ ഉത്പത്തി ഉണ്ടാകത്തില്ല അതാണ് അനുപത്തി എന്ന് പറയുന്ന അപ്രാമാണ അപ്പോ ശ്രുതിയിൽ നിന്നും യഥാർത്ഥമായ ബോധം ഉണ്ടായാലാണ് പിന്നെ പ്രാമാണികത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടി വന്നത് അത് സ്വതയാണോ പരതയാണോ പക്ഷെ ശ്രുതി പറയുന്നതനുസരിച്ച് അവിടെ ഇതെല്ലാം മിഥ്യയായതുകൊണ്ട് മിഥ്യയായ ഈ പ്രത്യക്ഷ പ്രമാണത്തിൽ നിന്നും ഒരിക്കലും എന്ത് വരുന്നില്ല ഭ്രമോത്പന്നമേയാകുന്നില്ല അതിന് സ്വയം ഇല്ലാത്തതാണ് മിഥ്യയാണ് അപ്പൊ അനുപത്തി പ്രാമാണ ഉത്പന്നമാകുക എന്ന് പറയുന്ന എന്തുവരും ഉത്പന്നമാകാതിരിക്കുക എന്ന് പറയുന്ന അപ്രാമാണ ഉത്പന്നമായിട്ടാണ് ചിന്തിക്കുന്നത് സ്വതപ്രമാണമാണോ പരത പ്രമാണമാണോ ഉൽപ്പന്നമായില്ലെങ്കിലോ ഉത്പന്നമായില്ലെങ്കിൽ അതിനെ ചിന്തിക്കേണ്ട ആവശ്യം കൂടി വരുന്നില്ല അതാണ് അപ്രമെന്ന് പറയുന്നത് ഇത് ചെയ്യുന്ന ഉത്പാദക അപ്രതിദ്വന്തിത്വ അവിടെ പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഉത്പാദകമായ പ്രത്യക്ഷം അതും ശ്രുതി വിരോധം ഒന്നും ശ്രുതിയുടെ ആ ജ്ഞാനവും ഉത്പാദകമായിരിക്കുന്ന പ്രത്യക്ഷം ശ്രുതിയിൽ നിന്ന് പ്രാമാണി ഉത്പന്നമാകുന്നതിന് എന്താണ് ഉത്പാദകമായ പ്രത്യക്ഷത്തെ സ്വീകരിച്ചു ഇത് രണ്ടും തമ്മിലും വിരോധമൊന്നുമില്ല ശ്രുതി വെളിപ്പെടുത്തുന്ന ഒരു ജ്ഞാനമുണ്ട് എന്താണ് ദേഹ നാനാസ്തി കിഞ്ചന ബ്രഹ്മ സർവവും മിഥ്യയാണ് അതും Disgata, ീ പറയുന്ന ഉത്പാദകമായിരിക്കുന്ന പ്രത്യക്ഷവുമായിട്ട് വിരോധമില്ല പ്രതിദ്രോധം അപ്രതി വിരോധമില്ലാന്നർത്ഥം ഉത്പാദകം എന്ന് പറയുന്നത് എന്താണ് അപ്രത്യക്ഷ പ്രമാണം എന്തിന്റെ ഉത്പാദകം എന്തിന്റെ ഉത്പാദകമാണ് എന്തിന്റെ ഉത്പാദ ആ പ്രാമാണ്യത്തിന്റെ ഉത്പാദം എന്നു വച്ചാല് ജനിപ്പിക്കുന്നത് എന്നുള്ള പറയുന്നു അങ്ങനെയാണല്ലോ ശ്രവണീന്ദ്ര ഉണ്ടെങ്കിൽ എന്തുണ്ടാവു വേദം കേട്ടിട്ട് ബോധം ഉണ്ടാകത്തു അപ്പൊ ആ ബോധത്തെ ഉണ്ടാക്കുന്ന എന്താണോ അപ്പൊ ഉത്പാദവും ശ്രവണീന്ദ്ര അതും വേദത്തിൽ നിന്നുണ്ടാകുന്ന ബോധം വേദം കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ബോധമാണ് വേദത്തിൽ നിന്നുണ്ടാകുന്ന ബോധം എന്ന് പറയുന്നത് ഈ വേദം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇതെല്ലാം മനസ്സിലാക്കണം വേദം ചൊല്ലാൻ ഒരാൾ വേണം പിന്നെ കേൾക്കാൻ ഒരാൾ വേണം കേൾക്കുന്ന ആളിന്റെ മനസ്സിൽ ബോധം ഉണ്ടാകണം അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ ബോധത്തിനൂടെ പ്രമാ യഥാർത്ഥ അനുഭവം അതിന്റെ ഉത്പാദകമാണെന്ത് ഇന്ദ്രിയം അതും ആ ബോധവും തമ്മിൽ യാതൊരു വിരോധവും ഉണ്ട് എന്നുവെച്ചാൽ നിയതനാസ്തിജന പ്രപഞ്ചം മിഥ്യാണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അതിൽ ബോധവും ഉത്പാദകമായ ഇന്ദ്രിയവുമായിട്ട് ഒരു വിരോധമില്ലാന്ന് അതെന്താണെന്ന് വിശദീകരിക്കുന്നത് അതുകൊണ്ടെന്താണ് ഏന കാരണാഭാവാ സാം വ്യവഹാരികം പ്രത്യക്ഷം ആഗമജാനം ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന ബോധം ശ്രുതി ബോധം എന്താണ് ബ്രഹ്മസത്യം ജഗന്നിത്യം പറയുന്നത് ഈ ബോധം ഇതാണ് ശരിയായ ബോധം എന്നാണ് അദ്വൈതി പറയുന്നത് അത് പ്രത്യക്ഷാരികം പ്രാമാണ്യം പ്രത്യക്ഷ പ്രമാണത്തിന്റെ സാംവ്യവഹാരികമായ പ്രാമാണ്യം വ്യവഹാര പ്രാമാണിയത്തെ നഗന്തി നശിപ്പിക്കുന്നില്ല പ്രത്യക്ഷ പ്രമാണത്തിന്റെ വ്യാവഹാരികമായ പ്രാമാണെന്ന് പറയുന്നത് എന്താണ് നേരത്തെ പറഞ്ഞല്ലോ അതിന്റെ ഉത്പാദകത്വം ചക്ഷിതേന്ദ്രിയം ഉത്പാദകമാണ് എന്തിന എന്തിന്റെ ഉത്പാദമാണ് പ്രത്യക്ഷ ജാനത്തിന്റെയാണ് ചിതിരെ എന്തിന്റെ ഉത്പാദമാണ് ഏ രൂപത്തിന് ഇവിടെന്തോന്നു ശ്രവണേന്ദ്രിയ ശ്രവണേന്ദ്രിയ ഉത്പാദമാണ് വേദത്തിൽ നിന്നുണ്ടാകുന്ന ബോധത്തിന്റെ ഉത്പാദമാണ് കാരണം ഉത്പാദം എന്ന് വെച്ചാൽ നേരിട്ടല്ല ശ്രവണേന്ദ്രിയം വേണം പദാർത്ഥ നേരത്തെ പറഞ്ഞെന്ന് പ്രത്യക്ഷം പദാർത്ഥ ജ്ഞാനത്തിന് പ്രത്യക്ഷ പ്രമാണത്തിന്റെ ആവശ്യമില്ല അതാണ് ചക്ഷുന്ദ്രിയത്തിന്റെ ഉദാഹരണം പറയുന്നത് കണ്ണുകൊണ്ട് കണ്ട് പശുവിനെ അറിയിച്ചു അപ്പോഴാണ് ഗോശബ്ദത്തിന്റെ അർത്ഥം പശുവാണെന്ന് അറിയുന്നത് അത് ഒരു ഉദാഹരണം പറഞ്ഞാണ് കണ്ണുകൊണ്ട് അപ്പം അവിടെയും അവിടെ പ്രത്യക്ഷ പ്രമാണമെന്ന് പറയുന്നത് കണ്ണും പ്രത്യക്ഷ ചെവിയും പ്രത്യക്ഷ ചെവി എന്ന് പറയുന്നത് ശബ്ദം കേൾക്കുന്നതാണ് കണ്ണെന്ന് പറയുന്ന എന്താണ് വസ്തുക്കളെ കണ്ടറിയുന്നത് അപ്പൊ ഗോ എന്ന് പറയുന്ന ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ ഗോ എന്ന് പറയുന്ന വ്യക്തിയെ അറിയുന്നതിന് പ്രത്യക്ഷമായ ചക്ഷേതന്ത്രിയും സഹായിച്ചിട്ടുണ്ട് കണ്ണ് കാണാത്തോന് ഗോ എന്ന് പറഞ്ഞാൽ അതിൻ്റെതാണ് ജീവി എന്നറിയാൻ പറ്റും അപ്പത് ഇതിനോട് അത് അനുബന്ധിച്ച ഒരു കാര്യം പറഞ്ഞാണ് കൂടുതലായിട്ട് പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ രണ്ടിനെ എടുക്കണം ഏതിനായി രണ്ടി എടുക്കും ശ്രോണിയം തിരുത്തി എടുക്കണം പദപദാർത്ഥ സംഗതിക്ക് പദവും അർത്ഥവും തമ്മിലുള്ള ബന്ധത്തിന് നമ്മള് ആശ്രയിക്കുന്നതിന് ശബ്ദം ഗ്രഹിക്കുന്നതിനെ ആശ്രയിക്കുന്നതിനെ പദത്തെ അപ്പൊ രണ്ടിന്ദ്രിയെ ആശ്രയിക്കും ശബ്ദം ശ്രവിക്കുന്നതിന് ശ്രവണേന്ദ്രിയെ ആശ്രയിക്കുന്നു പദപദാർത്ഥ ജ്ഞാനത്തിന് ചക്ഷേന്ദ്രിയെ ആശ്രയിക്കുന്നു ഇപ്പൊ രണ്ടേന്ദ്രിയങ്ങളും വേണം ഈ ഇന്ദ്രിയങ്ങളെല്ലാം സഹായിക്കുന്നുണ്ട് ഏതിന് വാക്യാർത്ഥാനത്തിന് നേരിട്ടല്ലെന്നേ ഉള്ളു അതുകൊണ്ടാണ് അതിന് ഉത്പാദകം എന്ന് പറഞ്ഞത് പരമ്പര കാരണമാണ് അങ്ങനെ ഇന്ദ്രിയങ്ങളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ് നമ്മൾ വാക്യം കേൾക്കുമ്പോൾ അർത്ഥജ്ഞാനം നമുക്കുണ്ടാകും പക്ഷെ ശ്രുതി പറയുന്നത് എന്താണ് ഇതെല്ലാം മിഥ്യയാണ് പറയുന്നു മിഥ്യ എന്ന് പറയുന്നത് ശരി തന്നെയാണ് അതുകൊണ്ട് എന്താണ് ഇത് ഉത്പാദകമാകുന്നതിന് ഏത് ഇന്ദ്രിയങ്ങൾ ചക്ഷുരേന്ദ്രിയായാലും ശരി ശ്രവണീന്ദ്രിയായാലും ശരി ഉത്പാദകമാകുന്നതിനും എന്തിന്റെ ഉത്പാദമാകുന്നതിനും വാക്യാർത്ഥാനത്തിന്റെ ഉത്പാദകമാകുന്നതിനും തടസ്സമൊന്നുമില്ല എന്തുകൊണ്ട് ശ്രുതി പറയുന്നത് എന്താണ് ചക്ഷിരേന്ത്യം അല്ലെങ്കിൽ ശ്രോമണി ഒന്നും പാരമാർത്ഥികമായില്ലെന്നാണ് വ്യാവഹാരികമായില്ലെന്നല്ല അപ്പൊ വ്യാവഹാരികമായ അതിന്റെ ഉത്പാദകത്വം അതിനെ ഇത് നിഷേധിക്കുന്നില്ല പാരമാർത്ഥികമായില്ലെന്നേ പറയുന്നുണ്ട് അപ്പൊ വ്യവഹാരത്തിനെന്തെയും ഇതെല്ലാം പ്രവർത്തിക്കും പരമാർത്ഥത്തിൽ ഇല്ലാത്താണെങ്കിലും അതാണ് അദ്വൈതീനം സത്യം പാരമാർത്ഥിക സത്യം ജഗത്തെ മിഥിയെന്ന് പറഞ്ഞാൽ പാരമാർത്ഥികമായി ഇല്ലെന്നേ അർത്ഥമുള്ളൂ വ്യവഹാരത്തിലില്ലെന്നല്ല എന്നു വെച്ചാൽ നമ്മുടെ വാക്കിന്റെയും പ്രവൃത്തിയുടെയും അനുഭവത്തിന്റെയൊക്കെ തലത്തിലില്ലെന്നല്ല പറയുന്നത് അവിടെ ഇതെല്ലാം ഉണ്ട് പാരമാർത്ഥികമായി ഇല്ല എന്നെ പറയുന്നു അപ്പൊ എന്റെ വ്യാവഹാരിക പ്രാമാണിത്യത്തെ നിഷേധിക്കുന്നില്ല അതുകൊണ്ട് എന്താ പ്രയോജനം വ്യാവഹാരികമായ ഉത്പാദകത്വം ഇതിലുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇതിനെ ആശ്രയിച്ചിട്ട് ബാക്കിയാർത്ഥം ഞാനും ഉണ്ടാകാം എവിടെയാണ് ആ രണ്ട് വ്യത്യാസം വരുന്നത് വ്യാവഹാരികം പാരമാർത്ഥികം അത് ബ്രഹ്മസൂത്രത്തിൽ തന്നെ പറയും ദേഹാത്മ പ്രത്യോ യദ്വത്പ്രമാണത്വനോ കല്പിത ലൗകൻ തദ്വുദേവേദം പ്രമാണം ആത്മനിശ്ചയം ആത്മബോധത്തിലാണ് പറയുന്നത് ഇതെല്ലാം മിഥ്യയാണ് ഏതുവരെ നമുക്ക് ദേഹാത്മബുദ്ധിയുണ്ടോ അതുവരെ ഇതെല്ലാം വ്യാവഹാരികമായ സത്യമാണ് അപ്പം ഇതിനനാശ്രീച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാം അപ്പം പ്രപഞ്ചം മിഥ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും ഇല്ലാത്തതാണ് ഇതിന് അർത്ഥക്രിയാകാര്യത്വം പ്രവർത്തനക്ഷമത ഇല്ലെന്നർത്ഥാണ് അർത്ഥക്രിയാകാര്യത്വം എന്നുവെച്ചാൽ പ്രവർത്തനക്ഷമത ജഗത്ത് മിഥ്യയാണ് അതുകൊണ്ട് ഇന്ദ്രിയങ്ങൾക്കൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല അങ്ങനൊരർത്ഥം അദ്വൈതി പറയുന്നില്ല അതാണ് പ്രത്യക്ഷസ്വം എന്ന് വെച്ചാൽ പ്രത്യക്ഷ പ്രമാണത്തിൻ്റെ സാംവ്യവഹാരികം പ്രാമാണ്യം വ്യവഹാര പ്രാമാണത്തിലുള്ള പ്രാമാണ്യം എന്നുവച്ചാ വ്യവഹാരത്തിലുള്ള പ്രമാണത്വം വ്യവഹാരത്തിൽ പ്രമാണമാണോന്നുള്ള കാര്യത്തെഹന്തി നശിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ നിക്ഷേപിക്കുന്നില്ല എന്നുവെച്ചാൽ വ്യവഹാരത്തിൽ സാംവ്യവഹാരം എന്ന് വെച്ചാൽ വ്യവഹാരത്തിൽ ഉള്ളത് വ്യവഹാരത്തിലുള്ളതാണ് എന്ത് സംവ്യവഹാരേ ഭവും സാംവ്യവഹാരികം സംവ്യവഹാരം എന്ന് വെച്ചാൽ എന്താണ് നമ്മുടെ ദൈനംദിന വ്യവഹാരം അല്ലെങ്കിൽ സംയുഖ്യാ വ്യവഹാരം വെച്ചാൽ സത്യബോധത്തോടു കൂടിയുള്ള വ്യവഹാരം അതാണ് സംവ്യവഹാരം സത്യബോധത്തോടുള്ള വ്യവഹാരം എന്ന് പറയുന്നതാണ് നമ്മുടെ വാക്കിന്റെയും ചിന്തയുടെയും പ്രവൃത്തികളുടെയൊക്കെ ആ മണ്ഡലം അതാണ് സംവ്യവഹാരികം എന്ന് പറയുന്നത് കാരണം ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് സത്യബോധത്തോടു കൂടിയാണ് ജഗത് മിഥ്യ എന്നുള്ള ബോധത്തിലല്ല ചെയ്യുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു അത് ഭക്ഷണം മിഥ്യ എന്നുള്ള രീതിയിലല്ല വിശക്കുന്നു മിഥ്യ എന്നുള്ള രീതിയിലല്ല അപ്പോൾ സംവ്യവഹാരമാണ് വെച്ചാൽ എന്താണ് സത്യബോധത്തോടു കൂടിയുള്ള വ്യവഹാരമാണ് അവിടെ നടക്കുന്ന കാര്യങ്ങളാണെന്ത് ഈ പ്രമാണങ്ങൾ അതിൽ നിന്ന് പ്രമേയം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയെല്ലാം സത്യബോധത്തിലായിരുന്നു നടക്കുന്നു മിഥ്യാബോധത്തിലല്ല മനുഷ്യന്റെ സർവവ്യവഹാരങ്ങൾ അങ്ങനെ സത്യബോധത്തിലും നടക്കുന്നതുകൊണ്ട് എന്ത് ജഗന് മിഥ്യ എന്ന് പറയുന്നത് ഇതിനെ ബാധിക്കുന്നില്ല അതൊരു പാരമാർത്ഥികമായ മിഥ്യാത്വത്തെ കുറിച്ച് പറയാം നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തകളിലോ ഉള്ള ഈ മണ്ഡലത്തിൽ ഇത് മിഥ്യ എന്നല്ല പറയുന്നത് രണ്ടിനും രണ്ടായി കാണും അത് സംവ്യവഹാരികം വ്യവഹാരത്തിലുള്ളതായ സംവ്യവഹാരം എന്ന് പറഞ്ഞെന്താണോ സത്യബോധത്തോടു കൂടിയുള്ള വാക്കി ചിന്തയും പ്രവർത്തിയും അതിനെന്ത് പറയുന്നത് സംവ്യവഹാരം അതിലുള്ളതാണെന്ത് നമ്മുടെ ഈ ദൈനംദിന ജീവിത പ്രവൃത്തികളെല്ലാം അവിടെ ഇന്ദ്രിയങ്ങളെല്ലാം എന്താണോ പ്രമാണമാണ് അതിൽ നിന്നുണ്ടാകുന്ന എന്താണോ പ്രമേയാണ് വേദം ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞുണ്ടാകുന്നത് ഇതിനെ ബാധിക്കത്തില്ല അതുകൊണ്ട് ജഗത്ത് മിഥ്യയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനു ഭക്ഷണം കഴിക്കുന്നു എന്ന് ചോദിക്കുന്ന അബദ്ധമാണ് എന്തുകൊണ്ട് ഭക്ഷണം മിഥ്യ എന്ന് പറയുന്നില്ല അതെന്താണ് സംവ്യാവഹാരിക സത്യമാണ് മനസ്സിലായോ വിശപ്പ് സത്യമാണ് മനുഷ്യന്റെ എല്ലാം കാമക്രോതാദികളെല്ലാം സത്യം തന്നെയാണ് പക്ഷെ സത്യത്തെ എന്ത് സത്യം എന്ന് പറയും വ്യാവഹാരിക സത്യമാണ് ഇതൊക്കെ ഉള്ളത് ഇല്ലാത്തതല്ല മിഥ്യാത്വ തെറ്റിദ്ധരിച്ചിട്ടാണ് ആൾക്കാർ പറയുന്നത് ഏ രജ്യസർപ്പം അത് വേറെ വേണമല്ലോ അത് അസത്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സ്വപ്നം പ്രാതിഭാസികമാണോ അത് അസത്യം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല പക്ഷെ ഈ വ്യവഹാരത്തിലുള്ള കാര്യങ്ങൾ മിഥ്യയാണെന്ന് പറയുമ്പോഴാണ് അവിടെ തർക്കം വരുന്നത് പക്ഷെ എല്ലാരും സമ്മതിക്കുന്ന കാര്യമാണോ എന്ത് രജ്ജുവിൽ കാണുന്ന സർപ്പം അസത്യമാണ് മിക്കവാറും അല്ല പ്രാഭാകർ പക്ഷമൊഴികെ ബാക്കി എല്ലാരും പറയുന്നതാണത് അസത്യമാണ് സാധാരണ മനുഷ്യരും അത് തർക്കമില്ലാത്ത കാര്യമാണ് പക്ഷെ എന്താണ് നമ്മുടെ കണ്ണും മൂക്കും എല്ലാം പ്രത്യക്ഷ പ്രമാണമാണ് ഇതിൽ നിന്ന് നമുക്ക് പ്രമേയമുണ്ടാകുന്നു അപ്പൊ ഇതൊക്കെ മിഥ്യയാണ് എന്നല്ല ശ്രുതി പറയുന്നത് ഇതെല്ലാം സത്യം തന്നെയാണ് അത് പരമാർത്ഥത്തിൽ സത്യമല്ല എന്ത് ചെയ്ത് മിഥ്യയാകുന്ന ഒരിടമുണ്ട് അതെവിടെ ശുദ്ധമായ ബ്രഹ്മത്തിൽ സത്യമുണ്ട് നമ്മുടെ ജീവിതാനുഭവത്തിൽ ഇതൊക്കെ എന്താണ് സത്യം എന്ന് സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത് ശ്രുതി പറയുന്ന പാരമാർത്ഥികമായ സത്യവും എന്താണ് ജഗത്തിന്റെ മിഥ്യാത്വം എന്ന് പറയുന്നത് ഇതിനെ ബാധിക്കത്തില്ല നടക്കും അതുകൊണ്ടാണ് വ്യാവഹാരിക സത്യമെന്നും പാരമാർത്ഥിക സത്യം എന്നും രണ്ടും പറയുന്നു പ്രാതിഭാസിക തർക്കമില്ലാത്ത സംഗതിയാണ് ഞാൻ അതിന് ഉദാഹരണമായിട്ടുള്ളത് സകലതുമുള്ളത് തന്നെയെന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് എന്താണ് അവിടെ വ്യവഹാരികം പാരമാർത്ഥികം എന്നുള്ള ഭേദത്തിന്റെ പറയുന്നത് സർവവും ബ്രഹ്മം തന്നെ സർവവും ബ്രഹ്മം തന്നെയാണ് ഇതെല്ലാം ബ്രഹ്മത്തിൽ അനുഭവപ്പെടുന്നതാണ് ആർത്ഥത്തിലാണ് പറയുന്നത് അതും അദ്വൈതം തന്നെയാണ് അദ്വൈതം കുറേ എന്താണ് ഇങ്ങനെ പ്രാതിഭാസികമായിരിക്കുന്നതും വ്യാവഹാരികമായിരിക്കുന്നതും പാരമാർത്ഥികമായിരിക്കുന്നതും ഒക്കെ ഏതു തന്നെ ഒരു സത്യം തന്നെ അതാണ് സഹലതുകൊണ്ടാകുന്നത് അത് മറ്റൊരാശ്യമാണ് അതാണ് ആഗമജാനം പ്രത്യക്ഷസ്യ സാംവ്യാവഹാരികം വ്യാവഹാരികമായ പ്രാമാണ ഉപഹാന്തി അനും നിഷേധിക്കുന്നില്ല ഇല്ലാതാക്കുന്നില്ല ഭവേന അങ്ങനെ ആയിരുന്നു എങ്കിൽ എങ്ങനെയായിരുന്നു എങ്കിൽ പ്രത്യക്ഷ പ്രമാണത്തെ മിഥ്യ എന്ന് പറഞ്ഞ് നിഷേധിച്ചിരുന്നു എങ്കിൽ കാരണാഭാവാ കാരണമില്ലാത്തതുകൊണ്ട് ഏനു കാരണമില്ലാത്തതുകൊണ്ട് കൃതിയിൽ നിന്നുണ്ടാകുന്ന പെർമയ്ക്ക് കാരണമില്ലാതെ കാരണം ഇതൊക്കെ മിഥ്യയില്ലാത്തതല്ല ഏത് പ്രത്യക്ഷ പ്രമാണം ഏനാന്ന് പറയുന്നത് ആശങ്കയാണ് അങ്ങനെ ആയിരുന്നുവെങ്കിൽ അങ്ങനെയല്ല നിങ്ങളങ്ങനെ പറയുകയാണ് ഈ പ്രത്യക്ഷ പ്രമാണം മിഥിയാണ് എന്നായിരുന്നുവെങ്കിൽ കാരണാഭാവ കാരണമില്ലാത്തതുകൊണ്ട് എന്തിന് കാരണമില്ലാത്തതുകൊണ്ട് ശ്രുതിയിൽ നിന്ന് പുറമക്കു നേരത്തെ പറഞ്ഞത് ഉത്പാദകമാണ് ഏത് അത് ഇല്ലാത്തത് കൊണ്ട് എന്നാ ഭവേ ഉണ്ടാകത്തില്ല എന്തുണ്ടാകത്തില്ല പ്രമേയുണ്ടാകത്തില്ല അത് ആ പദങ്ങളിൽ നിന്ന് അർത്ഥം കണ്ടെത്തുള്ളു നേരിട്ട് പറയുകയല്ല ഏനാന്ന് പറഞ്ഞാൽ എന്താണ് എങ്കിൽ പ്രത്യക്ഷത്തിന്റെ പ്രാമാണത്തെ നിഷേധിച്ചിരുന്നു എങ്കിൽ കാരണം ആ ബാബ ശ്രുതിയിൽ നിന്ന് പ്രമ ഉണ്ടാകുന്നതിനുള്ള കാരണമായ ഉത്പാദകമായ പ്രത്യക്ഷ പ്രമാണമില്ലാത്തതുകൊണ്ട് എല്ലാം ഭവയേ ശ്രുതിയിൽ നിന്ന് പ്രമുണ്ടാകാതെ പോയേനെ നല്ല ആശങ്കയിലാണ് ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നർത്ഥം സംഭവിക്കുന്നു എന്നല്ല ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല മറിച്ച് എന്താണ് പ്രത്യക്ഷമായ പ്രമാണമുണ്ട് പ്രത്യക്ഷം പോലെയുള്ള ആ പ്രത്യക്ഷ പ്രമാണമുണ്ട് അതിനെ ശ്രുതി നിഷേധിക്കുന്നില്ല അത് ഉത്പാദകമാണ് അതിൽ നിന്ന് ശ്രുതിയിൽ നിന്ന് അതിൻ്റെ അത് നിമിത്ത കാരണമായി ശ്രുതിയിൽ നിന്ന് പ്രമേയം ഉണ്ടാകുമെന്നാണ് അത് വ്യതിരേകമായി പറയുക എന്ന് പറയുന്ന ഇതാണ് ഒരു കാര്യം അന്യരൂപത്തിലും പറയും ബഹതിരയ രൂപത്തിലും ഇത് വെതിരേയ രൂപത്തിൽ പറയുകയാണ് രണ്ടുപേരും ഒരേ കാര്യം തന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല എന്ന് പറയുന്നു ഭക്ഷണം കഴിച്ചു ഞാൻ ഭക്ഷണം കഴിച്ചു അതുകൊണ്ട് എനിക്ക് വിശപ്പില്ല തൃപ്തിയാണ് എന്ന് ഇത് വേറെ രീതിയിലും പറയാം എന്താണോ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നു എങ്കിൽ എനിക്ക് തൃപ്തി ഉണ്ടാകാതിരുന്നേനെ എന്നും പറയാം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്താണ് ഞാൻ ഭക്ഷണം കഴിച്ച് തൃപ്തി ഉണ്ട് അതുപോലെ അഭിതു താത്വികം പിന്നെ എന്താ ചെയ്യുന്നത് ശ്രുതി മറിച്ച് അഭിതു എന്ന് വെച്ചാൽ മറിച്ച് താത്വികം എന്ന് പറഞ്ഞാൽ താത്വികമായ പാരമാർത്ഥികമായ പ്രാമാണി ഉപഹന്തി പൂർവത്തോടെ എണ്ണിക്കും ശ്രുതി പ്രത്യക്ഷ പ്രമാണത്തിന്റെ പാരമാർത്ഥികമായ പ്രാമാണ്യത്തെ ആ പ്രമാണഭാവത്തെ അതൊരു പാരമാർത്ഥിക പ്രമാണമാണെന്നുള്ളതിനാണ് നിഷേധിക്കുന്നത് ബ്രഹ്മ അല്ലാതെ ഒന്നും തന്നെ പാരമാർത്ഥികമായിട്ടല്ല അതുകൊണ്ട് ഈ പ്രത്യക്ഷമെന്ന് പറയുന്നത് പരമാർത്ഥമല്ല അതിനെ നിഷേധിക്കുകയാണ് guitarled aceite led തസ്യ ഉത്പാദകം നജ തത് തസ്യ ഉത്പാദകം തത് നജ എന്താണോ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്റെ അർത്ഥം മനസ്സിലാകത്തില്ല തത്ത് പറഞ്ഞാൽ പ്രത്യക്ഷം വെറും പ്രത്യക്ഷം എന്ന് പറഞ്ഞ പോലെ പാരമാർത്ഥികമായൊരു പ്രത്യക്ഷ പ്രമാണം ബ്രഹ്മത്തെ പോലെ തന്നെ പാരമാർത്ഥികമായൊരു പ്രത്യക്ഷ പ്രമാണം അതാണ് തത്തിന്റെ അർത്ഥം തസ്യാ ആഗമത്തിൽ നിന്നുണ്ടാകുന്ന പ്രമേയുടെ ന ഉത്പാദകം ആഗമത്തിൽ നിന്നുണ്ടാകുന്ന പ്രമേയുടെ ഉത്പാദം ഒന്നിച്ചാലും ഉണ്ടാക്കുന്നത് തത് എന്ന് പറഞ്ഞ ഏതല്ല എന്നല്ല ഞാൻ പറഞ്ഞു പാരമാർത്ഥികമായ പ്രത്യക്ഷമാണ് അത് വ്യാവഹാരിക പ്രത്യക്ഷമാണ് ഇവിടെയും വ്യതിരേകമായി പറഞ്ഞിരിക്കുക അതായത് വ്യാവഹാരികമായ ഒരു പ്രത്യക്ഷ പ്രമാണമാണ് ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രമയ്ക്ക് കാരണമെന്ന് പറയുന്നതിന് വരുകൂടെ എന്തു പറഞ്ഞു പാരമാർത്ഥികമായ പ്രത്യക്ഷ പ്രമാണമല്ല ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രമുഖ ഇതും വ്യതിരീകമായി പറയാണ് അത് ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ എന്റെ അർത്ഥം പിടിയിട്ടത്തില്ല അതാണ് തത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമാർത്ഥികമായ പ്രത്യക്ഷ പ്രമാണം തസ്യന്ന് വെച്ചാൽ ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രാമാണത്തിന്റെ ന ഉത്പാദ അതിന്റെ ഇതൊരു ശൈലി ഇതാണ് ശൈലി എന്ന് പറയും നേരെയങ്ങ് പറഞ്ഞാൽ പോരെ വ്യാവഹാരികമായ പ്രത്യക്ഷ പ്രമാണമാണ് ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന പ്രാമാണത്തിന് കാരണമെന്ന് പറഞ്ഞാൽ പോരെ അതിൽ കൂടുതൽ അർത്ഥം കിട്ടും എന്തുകൊണ്ടും അത് പറയുന്നതോടൊപ്പം തന്നെ വേറെ കാര്യങ്ങൾ പറയുന്നു എന്താണ് ഈ പ്രത്യക്ഷമെന്ന് പറയുന്നത് അത് പാരമാർത്ഥികമല്ല അതുകൊണ്ട് പാരമാർത്ഥികമായ പ്രത്യക്ഷത്തിൽ നിന്നല്ല ശ്രുതിയിൽ നിന്ന് പ്രമ ഉണ്ടാകുന്നത് അതിന്റെ അന്യ അർത്ഥവും വ്യതിരേകാർത്ഥവും രണ്ടും അങ്ങനെ പറയുന്നതിനും കാരണമുണ്ട് എന്താണ് ആ താത്വിക പ്രമാണഭാവിയേഭ്യോ അഭി സാം വ്യവഹാരിക പ്രമാണേഭ്യ തത്വജ്ഞാനോത്പത്തിദർശനാ ബോഡ് ആ താത്വികമാണഭാവേഭ്യാം വ്യവഹാരികണേഭ്യം നടത്തുന്നു ആ താത്വിക പ്രമാണഭാവീഭ്യം എന്ന് പറഞ്ഞാൽ പ്രമാണമല്ലാത്തത് ആ താത്വികം പാരമാർത്ഥിക പ്രമാണങ്ങളല്ലാത്ത സംവ്യാവഹാരിക പ്രമാണേഭ്യം വ്യവഹാരികമായ പ്രമാണങ്ങൾ പാരമാർത്ഥിക അല്ലാത്ത വ്യാവഹാരികമായ പ്രമാണം സംവ്യാവഹാരികമായ പ്രമാണം അതങ്ങനെ പറയുന്നതിന് എന്താണ് കാരണം നമ്മുടെ അതാത്വിക പ്രമാണെന്ന് വെച്ചാൽ ബ്രഹ്മതിരിക്തമായിരിക്കുന്ന സർവ്വഅ അതാത്വികമാണ് ആ അർത്ഥത്തിൽ പറഞ്ഞത് താത്വികമായി ഒന്നേ ഉള്ളൂ എന്ത് ബ്രഹ്മം അപ്പൊ ആ താത്വികം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാതിരിക്തമായ സർവവും അതാത്വിക പ്രമാണമാണ് അതാത്വികമാണ് അപ്പം അങ്ങനെയുള്ള അതാത്വിക പ്രമാണം അതാണ് പ്രത്യക്ഷം പിന്നെ അതെന്താണ് സാംവ്യവഹാരികമാണ് അപ്പൊ ഈ സാംവ്യവഹാരികം എന്ന് പറയുന്നതിനും ഒരു അർത്ഥം കൂടെയുണ്ട് വ്യവഹാരത്തിൽ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതെന്നർത്ഥം ആവിദ്യകം എന്നാണ് അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ് ഏത് ബ്രഹ്മഭിന്നമായ സർവവും ഈ പ്രത്യക്ഷം എന്ന് പറയുന്ന പ്രമാണവും മറ്റുമൊക്കെ എന്താണ് ആവിദ്യകമാണ് അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതാണ് സാം എന്ന് പറയുന്നതിന് അങ്ങനെ ഒരർത്ഥം കൂടെ ഉണ്ട് അപ്പോ ബ്രഹ്മഭിന്നമായ അതാത്വിക പ്രമാണം ബ്രഹ്മഭിന്നമായതും അവിദ്യ കൊണ്ട് സംഭവിക്കുന്നതുമായ പ്രമാണങ്ങളിൽ നിന്നും അതിൽ നിന്നെന്തോ വരുന്നു അതിൽ നിന്നും തത്വജ്ഞാനോത്പത്തി ദർശന തത്വജ്ഞാനം വിദ്യ കൊണ്ടുണ്ടാകുന്നതായ പ്രമാണങ്ങളിൽ നിന്നും തത്വജ്ഞാനം തത്വജ്ഞാനോത്പത്തി ദർശന തത്വജ്ഞാനം ഉത്പന്നമാകുന്നുണ്ട് അങ്ങനെ കാണുന്നുണ്ടെന്ന് വെച്ചാൽ അതിന് ഉദാഹരണമുണ്ടെന്നർത്ഥം അതിന് ഉദാഹരണം പറയുകയാണ് ഇതിനേക്കു മാറ്റിവെച്ചിട്ട് യഥാ തഥാച വർണ്ണേ अपि नाग नाग इदिवा नाग इदिवा ഗ അന്യധർമ്മ അതിപ്രധ്വ ശബ്ദ രണ്ടു തരത്തിലുള്ളത് വർണാത്മകവും ധന്യാത്മക പഠിച്ചിട്ടുണ്ടോ ശബ്ദം രണ്ടു തരത്തിലുണ്ട് വർണ്ണാത്മകമായ ശബ്ദമെന്ന് പറയുന്നത് കാ ഖാ കാ ഇതൊക്കെയാണ് വർണ്ണങ്ങൾ ധ്വനിന്ന് പറയുന്നത് എന്താണ് അഭ്യക്ത ശബ്ദമാണ് അതിന് ശങ്കരാചാര്യ ഉദാഹരണം പറയും കുറെ ആൾക്കാർ ഒരു വേദ പാഠശാലയിൽ നിന്ന് ഒരുമിച്ച് കുറെ ദൂരെ ഒരാൾ കേൾക്കും കുറെ ദൂരെ അപ്പൊ അവർ കേൾക്കുന്നെന്തായിരിക്കും ഒരു മുഴക്കം അതാണ് ധ്വനിന്ന് പറയുന്നത് എന്നുവെച്ചാൽ അവിടെ വർണ്ണം വ്യക്തമല്ല വർണ്ണം വ്യക്തമല്ല എന്നാൽ അവിടെ ഈ വർണ്ണങ്ങളാണ് പറയുന്നത് വേദം ചെല്ലുമ്പോൾ അവർ പറയുന്നെന്തോ കാക്കാത്തുടങ്ങിയ വർണ്ണങ്ങൾ തന്നെയാണ് പക്ഷെ വർണ്ണങ്ങൾ കേൾക്കുന്നയാൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോ അയാൾ കേൾക്കുന്ന എന്തോ ദൂരം അതിനാണ് ധ്വനി എന്ന് പറയുന്നത് മുഴക്കം ക എന്നുചരിച്ചു അത് ക എന്ന് പറയുന്നത് വർണ്ണമാണ് പക്ഷെ വർണ്ണം കൂടാതെ ഇവിടെ ഒന്നും കൂടെയുണ്ട് എന്താണ് ധ്വനി എന്താണ് ധ്വനി ഞാൻ പറയുന്നു കർശനമായി പറഞ്ഞു കാ ദീർഘമായി പറഞ്ഞു വളരെ മൃദുവായി പറഞ്ഞു ക വളരെ ഉച്ചത്തിൽ പറഞ്ഞു ഇവിടെയൊക്കെ ഈ കാന്നു പറയുന്നത് ശബ്ദം കേൾക്കുന്നവള് ഒരുപോലെയാണോ കേൾക്കുന്നത് ആണോ അപ്പൊ കാന്നു പറയുന്ന വർണ്ണത്തിൽ കൂടുതലായി അവിടെ എന്തൊക്കെ കേട്ടോ അതെല്ലാം ധ്വനിയാണ് അല്ലെങ്കിൽ ധ്വനിധർമ്മങ്ങളാണ് ധ്വനിയുടെ ധ്വനിയിലുള്ള കാര്യങ്ങളാണ് അതായത് ഹ്രസ്വം ദീർഘം ക ഹ്രസ്വമായി പറഞ്ഞു മന്ദമായി പറഞ്ഞു മന്ദതരമായി പറഞ്ഞു ഉച്ചമായി പറഞ്ഞു അപ്പൊ കായോടൊപ്പം കേൾക്കുന്ന ആൾ ഇതെല്ലാം കേൾക്കുന്നുണ്ട് അപ്പൊ ആ വർണ്ണം എന്ന് പറയുന്ന കായിൽ നിന്ന് കൂടുതലായി നിങ്ങൾ എന്തൊക്കെ കേൾക്കുന്നു അന്ന് വർണ്ണധർമ്മല്ല പിന്നെയോ ധ്വനിയുടെ ധർമ്മമാണെന്ന് വെച്ചാൽ അത് ധ്വനിയുടെ വ്യത്യാസമാണ് പിന്നെ പാട്ട് കേൾക്കുന്നു പാട്ട് കേൾക്കുമ്പോ എന്താണ് പാതാപി ഗണപതി വാ അവിടെ കേവലം വാന്നാണ കേൾക്കുന്നത് സംഗീതജ്ഞരുടെ എന്തെല്ലാം പരിപാടി നടത്തും ഈ കേൾക്കുന്ന മുഴുവൻ എന്താണ് ധ്വനിയുടെ ധർമ്മങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് വർണ്ണമെന്ന് പറയുന്ന അവിടെ ഒന്നേ ഉള്ളൂ വ പക്ഷെ നമ്മളത് കൂടാതെ എന്ത് കേൾക്കും ഒരുപാട് ശബ്ദങ്ങൾ അതിൽ കേൾക്കും ഇതെല്ലാം എന്താണ് ധ്വനിധർമ്മണെന്നാണ് അദ്വൈതിയുടെ പക്ഷമാണ് അതിന് വയ്യാകരണന്മാർ എന്ന് പറയുന്നത് അത് സ്ഫോടമാണെന്നാണ് വെച്ചാൽ അതൊരു നിത്യ ശബ്ദമാണ് അതിന്റെ ധർമ്മമാണെന്ന് പറയും അത് അദ്വൈതി അംഗീകരിക്കും സ്ഫോടം എന്ന് പറയുന്നത് നിത്യമാണ് അതിൽ നിന്നാണ് ഈ വർണ്ണങ്ങളെല്ലാം പ്രകടമാകുന്നത് അപ്പോൾ ബ്രഹ്മമല്ലാതെ ഒന്നിനും നിത്യമായി സ്വീകരിക്കാത്തോണ്ട് അതിനെ സ്വീകരിക്കില്ല ബ്രഹ്മസൂത്രത്തിൽ ഈ സ്ഫോടവാദത്തെ ഖണ്ഡിച്ചു അവിടെ ഭാഷകാര ഇതൊക്കെ വിശദീകരിക്കും അങ്ങനെ നിത്യമായി സ്ഫോടം അങ്ങനെ ഒന്നുമില്ല ഹ ഏതെന്താണ് വർണ്ണങ്ങൾ പ്രകടമായി വരുന്നത് അങ്ങനെ ഒന്നും അങ്ങനെയൊന്നുമില്ല ഇതെന്താണ് ധ്വനിയാണ് അപ്പൊ ക എന്ന് പറയുന്നതിൽ ആ വർണ്ണത്തിൽ കൂടുതലായി എന്തൊക്കെ കാണുന്നു അതൊക്കെ ധ്വനിയുടെ ധർമ്മമാണ് വർണ്ണത്തിന്റെ ധർമ്മമല്ല പക്ഷെ നമ്മൾ അതിനെങ്ങനെ മനസ്സിലാക്കുന്നു വർണ്ണധർമ്മമായിട്ടാണ് നമ്മൾ ഗ്രഹിക്കുന്നത് നമ്മളെന്ത് പറയും ഹ്രസ്വമായ കാ ദീർഘമായ കഥ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കായലിൽ ഗ്രസവും തീർക്കുകൊണ്ട് ഒന്നാണ് രസവും തീർവും കായുടെ അല്ല പിന്നെ എന്തിന്റെയാണ് ധ്വനിയുടെയാണ് ഇവിടെ രണ്ടുദാഹരണം പറയുന്നു നാഗ നഗം എന്ന് പറയുന്നത് എന്താണ് ആന നഗം എന്നുവെച്ചാ പർവ്വതം രണ്ടിന്റെ അർത്ഥം ഇവിടെ ഈ അർത്ഥവ്യത്യാസം വരെ എന്താ കാരണം നയുന്ന വർണ്ണത്തിൽ ഹ്രസ്വം വന്നപ്പോ എന്റെ അർത്ഥം എന്തായി നഖം ഹ്രസ്വം വന്നപ്പോ നഖം ഒന്നായി നഖം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നഗച്ചതി സഞ്ചരിക്കാത്ത എന്താണത് പർവതം അസമർ നാഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഏ നാഗമെന്ന് പറഞ്ഞു ഏ നഗെന്ന് പറഞ്ഞാലോ ആന പറഞ്ഞു ഇപ്പൊ പറഞ്ഞു നാഗം എന്ന് പറഞ്ഞ ആന നാഗം എന്ന് പറഞ്ഞ അപ്പൊ ഈ രണ്ട് ശബ്ദങ്ങൾ ഉച്ചരിക്കുന്ന നറയുന്ന വർണ്ണത്തിനോട് ചേർത്ത് ഹ്രസ്വവും ദീർഘവും പറയുന്നു ഇത്രയേ ഉള്ളൂ വ്യത്യാസം നഗ എന്ന് ഹ്രസുവും പറഞ്ഞപ്പോ എന്താ അർത്ഥമായി നാഗ എന്ന് ദീർഘത്തിൽ പറഞ്ഞപ്പോഴോ അങ്ങനെയോ അപ്പൊ ഈ ഹ്രസ്വം ദേർവും എവിടുന്നു വന്നു ധ്വനിയിൽ നിന്ന് വന്നു പക്ഷെ നിങ്ങൾ എന്ത് പറയും നഗാരത്തില് ദീർഘമുണ്ടെങ്കിൽ നാഗ നഗാരം ഹ്രസവുമായാൽ നഗസ്വത്തിന്റെ ദീർഘത്തിന്റെയും നിങ്ങൾ എന്തിന്റെ ധർമ്മമായിട്ടാ പറയുന്നത് വർണ്ണത്തിന്റെ ധർമ്മമായിട്ടോ ധ്വനിയുടെ ധർമ്മത്തെ ധ്വനിയുടെ ധർമ്മത്തെ നമ്മൾ വർണ്ണധർമ്മമായി പറഞ്ഞ അവിടെ എന്താ സംഭവിക്കുന്നത് ആരോപം ഒന്നിന്റെ ധർമ്മത്തെ വേറെന്നി പറയുക അതിനാണ് ആരോപുന്നു പറയുന്നു വാസ്തവത്തിൽ വർണ്ണത്തിൽ ഹരസവമില്ല തീർക്കുമില്ല ധ്വനിയിലാണെന്നുള്ളത് രസവും തീർക്കുമില്ല അതിവിടെ നമ്മൾ എന്ത് പറയുന്നു ന വർണത്തോട് ചേർക്കുന്നു നമ്മൾ ധരിക്കുന്നു അത് വർണ്ണധർമ്മമാണ് അപ്പൊ ധ്വനിയുടെ ധർമ്മത്തെ വർണ്ണത്തിൽ ആരോപിച്ചിട്ട് ശബ്ദ ഉച്ചരിക്കുമ്പോ നമുക്ക് രണ്ടർത്ഥം കിട്ടുന്നു ഇതെന്താണ് ആരോപം കൊണ്ടാണ് ബോധം വന്നത് ഒന്നിന്റെ ധർമ്മത്തെ മറ്റൊന്നിൽ ആരോപിച്ചു കഴിഞ്ഞാൽ അതെന്തായി അധ്യയാരോപമായി ഭ്രമമായി അങ്ങനെയാണ് ഭ്രമം എന്ന് പറയുന്നത് സർപ്പത്തെ രജുവിൽ ആരോപിക്കുന്നതിനാണെന്ന് പറയുന്നത് ബ്രഹ്മവും അവിടെ ഇവിടെ ആരോപമാണ് സംഭവിക്കുന്നത് ആരോപം കൊണ്ട് ഉണ്ടായ അറിവ് ശരിയാണോ തെറ്റാണ് ഏ ആരോപം കൊണ്ടുണ്ടായ അറിവ് ശരിയാണോ തെറ്റാണ് എന്തുകൊണ്ട് നാഗ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് അത് തെറ്റാണ് പിന്നെങ്ങനെ ആരോപം കൊണ്ടുണ്ടായ അറിവ് തെറ്റെന്ന് ഇങ്ങനെ നഗന്ന് പറഞ്ഞ എന്താർത്ഥം അവിടെ ഈ ആരോപണം നടന്നില്ലേ അതിന്നുണ്ടായ അറിവ് തെറ്റാണോ അപ്പൊ ആരോപണം കൊണ്ട് ശരിയായ അറിവുണ്ടാകാം ആരോപുള്ളടത്തും ശരിയാണ് അപ്പം അതുപോലെയാണ് ഈ വ്യാവഹാരികമായ പ്രമാണങ്ങൾ സത്യമല്ലെങ്കിലും അതിൽ നിന്ന് എന്തുണ്ടാകാം ശരിയായ അറിവുണ്ടാകാം അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുകയാണ് ഉദാഹരണം അത്ര പരിചയമുള്ള ഉദാഹരണങ്ങൾ തന്നെയാണ് ഇതെല്ലാം ബ്രഹ്മസിദ്ധിയില് ആര് പറയുന്നെ മണ്ഡന മിശ്രം പറയുന്ന കാര്യങ്ങൾ ഇദ്ദേശം പറയാണ് ഇതൊക്കെ ചില സിദ്ധാന്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തി പറയാണ് ഇങ്ങനെയൊക്കെ ചില സിദ്ധാന്തങ്ങളുണ്ട് ആ സിദ്ധാന്തങ്ങള് സ്വീകരിച്ചു കഴിഞ്ഞാല് ഈ പറയുന്ന ഉദാഹരണങ്ങളൊക്കെ ശരിയാവും എന്താ സിദ്ധാന്തം സ്വീകരിക്കണം വർണ്ണമെന്ന് പറയുന്നത് വേറെയാണ് ക ഇതൊക്കെ വർണ്ണമാണ് ഹർസവും തീർഹു എന്ന് പറയുന്നത് എന്താണ് വർണ്ണത്തിൻ്റെതല്ല അതെല്ലാം ധ്വനിയുടെയാണ് നമ്മൾ ഹർസവും തീർഹുവെല്ലാം പറയുമ്പോൾ ധ്വനിയുടെ ധർമ്മങ്ങളെ വർണ്ണത്തിൽ ആരോപിക്കുന്നു അങ്ങനെ ആരോപിച്ചാണ് ഈ വാക്കുകൾ പ്രയോഗിക്കുന്നത് അതിൽ നമുക്ക് ശരിയായ ബോധം ഉണ്ടാകുന്നുണ്ട് അപ്പോ എന്താണ് തെറ്റായ ഒന്നിൽ നിന്ന് ശരിയായ ബോധം ഉണ്ടാകുന്നു ഇതൊക്കെ സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഉദാഹരണം പറയുന്നു അതുപോലെ എന്താണ് ഈ ചക്ഷുരാതി പ്രമാണങ്ങൾ മിഥ്യ തന്നെയാണ് പക്ഷെ അത് എങ്ങനെയുള്ള മിഥ്യ വ്യാവഹാരികമായ മിഥ്യയാണ് എന്നുവെച്ചാൽ വ്യാവഹാരികമായ സത്യമാണ് പാരമാർത്ഥികമായ സത്യം അല്ല അതുകൊണ്ടത് മിഥ്യയാണ് എന്നാൽ വ്യാവഹാരികമായ സത്യമാണ് എന്നുവെച്ചാൽ പരമാർത്ഥ സത്യം അല്ല അതിൽ നിന്ന് എന്ത് എന്തുവരാം ശരിയായ ജ്ഞാനം ഉണ്ടാകാം അപ്പോൾ ശ്രുതിയിൽ നിന്ന് ഉണ്ടാകുന്ന ജ്ഞാനം ശരിയാണ് അതായത് പ്രമാ യഥാർത്ഥമായ ജ്ഞാനം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിച്ചേ മുമ്പോട്ട് പോകാൻ പറ്റും പ്രപഞ്ചസത്യമായിക്കൊള്ളട്ടെ മിഥ്യ ആയിക്കൊള്ളട്ടെ നമ്മുടെ അറിവുണ്ടാകുന്നിടത്ത് എന്തൊരും അറിവുണ്ടാകുന്നിടത്ത് എന്തുവരും എന്ത് സംഭവിക്കും ടത്ത് അജ്ഞാനം സംശയം വിപരീയം ഇത് മൂന്ന് സംഭവിക്കാം ഇത് മൂന്നും അറിവുണ്ടാകുന്ന സംഭവിക്കും അങ്ങനെ സംഭവിക്കുമ്പോ അവിടെ നമുക്ക് യഥാർത്ഥമായ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു സ്വീകരിക്കേണ്ടി അങ്ങനെയാണെങ്കിലും നമുക്ക് ഏതു വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റും എല്ലാം ഭ്രാന്തിയാണ് എന്ന് സ്വീകരിക്കാൻ പറ്റും അപ്പൊ ആ വ്യാവഹാരികമായ പ്രമാണങ്ങളിൽ നിന്നും നമുക്ക് യഥാർത്ഥമായ അങ്ങനെ ഉണ്ടാകുന്ന സ്വീകരിക്കും അല്ലെങ്കിൽ പിന്നെ നമുക്ക് ആകെ ആശയക്കുഴപ്പം ഉണ്ടാവും ഇപ്പോൾ ഞാൻ കാണുന്ന കണ്ണ് ഇത് പരമാർത്ഥമായ സത്യം ഇത് പ്രസ്തമാണെന്നുള്ള എന്റെ ഈ അറിവ് യഥാർത്ഥമാണോ എന്ന് അംഗീകരിച്ച് പോകാൻ പറ്റൂ അങ്ങനീ പറയുന്നതിന്റെ ചുരുക്കം കാണുന്ന കണ്ണു പരമാർത്ഥമല്ലോ അത് സാംവ്യവഹാരികമാണ് പക്ഷെ എനിക്കുണ്ടാകുന്ന അറിവ് എന്താണോ അത് യഥാർത്ഥമാണോ അതിനാണ് പ്രമാന്ന് പറയാൻ അങ്ങനെ ഒന്ന് സ്വീകരിച്ചാലും പരമാർത്ഥ സത്യം എല്ലാം സ്വീകരിച്ചാലും ഉണ്ടാകുന്ന അറിവൊക്കെ എന്തായിരിക്കും യഥാർത്ഥ അറിവുണ്ടാകും പിന്നെ സംശയം ഉണ്ടാവും മിഥ്യജ്ഞാനുണ്ടാവും എല്ലാം ഉണ്ടാവും പക്ഷെ യഥാർത്ഥമായൊരറിനെ നമുക്ക് സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ പറ്റും അതുകൊണ്ട് ശ്രുതിയിൽ നിന്നുണ്ടാകുന്ന അറിവ് തന്നെയാണ് എന്തറിവ് ബ്രഹ്മസത്യം അത് യഥാർത്ഥമായിരിക്കണമെങ്കിൽ അതിന് ഉണ്ടാക്കുന്ന ഈ പ്രമാണം അത് പരമാർത്ഥമായിരിക്കണമെന്നില്ല എന്നാൽ ഈ പറഞ്ഞു വരുന്നതിന്റെ ചുരുക്കം